മക്കയിൽ അവതരിച്ചത് ജനങ്ങളുടെ രക്ഷിതാവും രാജാവും ആരാധ്യനുമായ അള്ളാഹുവോട് ശരണം തേടാൻ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത് പറയുക മനുഷ്യരുടെ രക്ഷിതാവിനോട് ശരണം മനുഷ്യരുടെ രാജാവിനോട് മനുഷ്യരുടെ ദൈവത്തോട് ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്നവരെ കൊണ്ടുള്ള കെടുതിയിൽ നിന്ന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നവർ ജിന്ന മനുഷ്യരിലും ജിന്നുകളിലും പെട്ടവർ